എന്നാൽ നിങ്ങളും അവർക്കുമിടയിൽ കരാറുള്ള ഒരു ജനതയുടെ അടുക്കൽ അഭയം തേടിയവരെയോ അല്ലെങ്കിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാനോ സ്വന്തം ജനതയോട് യുദ്ധം ചെയ്യാനോ കഴിയാതെ മനസ്സുമടുത്ത് നിങ്ങളുടെ അടുക്കൽ വന്നവരെയോ ഒഴിവാക്കുക അള്ളാഹുസുബഹാനുഹൂവത്ത ആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ അവരെ നിങ്ങളുടെ പ്രബലരാക്കുമായിരുന്നു അപ്പോൾ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുമായിരുന്നു എന്നാൽ അവർ നിങ്ങളെ വിട്ടുനിൽക്കുകയും നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്താൽ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ അള്ളാഹു സുബഹാനുഹൂവത്ത ആല നിങ്ങൾക്ക് വഴി നൽകിയിട്ടില്ല